അധ്യായം പതിനൊന്ന് ഹൂദ് മക്കയിൽ അവതരിച്ചത് അൻപത് മുതൽ അറുപത് കൂടിയുള്ള വചനങ്ങളിൽ ഹൂദ് നബിയുടെ ചരിത്രം വിവരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ അധ്യായത്തിന് അദ്ദേഹത്തിന്റെ പേർ നൽകിയത് ഒരു പ്രമാണഗ്രന്ഥമത്രേ ഇത് അതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു പിന്നീടത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതത്രെ അത് എന്തെന്നാൽ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് തീർച്ചയായും അവങ്കിൽ നിന്ന് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട താക്കീതുകാരനും സന്തോഷവാർത്തക്കാരനും ഞാൻ ുംബീ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എങ്കിൽ നിർണിതമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സൗഖ്യമനുഭവിപ്പിക്കുകയും ഉദാരമനസ്ഥിതിയുള്ള എല്ലാവർക്കും തങ്ങളുടെ ഉദാരതയ്ക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് നിങ്ങൾ തിരിഞ്ഞു കളയുന്ന ഭയങ്കരമായ ഒരു ദിവസത്തിലെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയമായും ഭയപ്പെടുന്നു إلى الله مرجعكم وهو على كل شيء قدير <تصفيق> الله فينك لئے كارن ننجلوڑے مدکم أولا إلا كاريتنا قلعی وُلَّا وَنَتْرَيْن ألا إنهم يثنون صدورهم ليستخفو منه ശ്രദ്ധിക്കുക അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ നെഞ്ചുകൾ മടക്കിക്കളയുന്നു ശ്രദ്ധിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു മൂടുമ്പോൾ പോലും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു തീർച്ചയായും അവൻ നെഞ്ചുകളിലുള്ളത് അറിയുന്നവനാകുന്നു ഭൂമിയിൽ യാതൊരു ജന്തുവും അതിൻ്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റതായിട്ടല്ലാതെ ഇല്ല അവയുടെ താമസസ്ഥലവും സൂക്ഷിപ്പു സ്ഥലവും അവനറിയുന്നുണ്ട് ആറു ദിവസങ്ങളിലായി അഥവാ ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവനത്ര അവൻ്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്നറിയുന്നതിന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയത്ര അത് തീർച്ചയായും നിങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് നീ പറഞ്ഞാൽ അവിശ്വസിച്ചവർ പറയും ഇത് സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല ഒരു നിർണിത കാലപരിധി വരെ അവരിൽ നിന്നും നാം ശിക്ഷ മാറ്റിവെച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അതിനെ തടഞ്ഞു നിർത്തുന്ന കാര്യം എന്താണ് എന്ന് ശ്രദ്ധിക്കുക അതവർക്ക് വന്നെത്തുന്ന ദിവസം അതവരിൽ നിന്ന് തിരിച്ചുകളയപ്പെടുന്നതല്ല എന്തൊന്നിനെപ്പറ്റി അവർ പരിഹസിച്ചിരുന്നുവോ അതവരിൽ വന്നെത്തുകയും ചെയ്യും മനുഷ്യന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യവും എന്നിട്ട് നാം അതവനിൽ നിന്ന് എടുത്തു നീക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ നിരാശനും ഏറ്റവും നന്ദി കെട്ടവനുമായിരിക്കും അവന് ഒരു കഷ്ടത ബാധിച്ചതിനു ശേഷം നാം അവന് ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചുവെങ്കിലോ നിശ്ചയമായും അവൻ പറയും തിന്മകൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയിരിക്കുന്നു എന്ന് തീർച്ചയായും അവൻ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമാകുന്നു ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവുമുള്ളത് ഇയാൾക്ക് ഒരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തതെന്ത് എന്ന് അവർ നിന്നെപ്പറ്റി പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയുകയും അതിൻ്റെ പേരിൽ നിനക്ക് മനപ്രയാസമുണ്ടാകുകയും ചെയ്തേക്കാം എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും സംരക്ഷണമേറ്റവനാകുന്നു അതല്ല അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് പറയുക എന്നാൽ ഇതുപോലെയുള്ള പത്ത് അദ്ധ്യായങ്ങൾ ചമച്ചുണ്ടാക്കിയത് നിങ്ങൾ കൊണ്ടുവരൂ അള്ളാഹുവിനു പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെയെല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുകയും ചെയ്യുക നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അവരാരും നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവോടുകൂടി മാത്രമാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും അവനല്ലാതെ യാതൊരു ദൈവവുമില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും നിങ്ങൾ കീഴ്പ്പെടാൻ സന്നദ്ധരാണോ ഐഹിക ജീവിതത്തെയും അതിൻ്റെ അലങ്കാരത്തെയുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ അഥവാ ഇഹലോകത്ത് അവർക്ക് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ് അവർക്കവിടെ യാതൊരു കുറവും വരുത്തപ്പെടുകയില്ല പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ലാത്തവരാകുന്നു അക്കൂട്ട അവർ ഇവിടെ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം എന്നാൽ ഒരാൾ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നു അവങ്കിൽ നിന്നുള്ള ഒരു സാക്ഷി അഥവാ ഖുർആൻ അതിനെ തുടർന്ന് വരികയും ചെയ്യുന്നു അതിനു മുമ്പ് കാരുണ്യവുമായിക്കൊണ്ട് മൂസായുടെ ഗ്രന്ഥം വന്നിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരാൾ ആ ദുന്യാപ്രേമികളെപ്പോലെ ഖുർആാൻ നിഷേധിക്കുമോ ഇല്ല അത്തരക്കാർ അതിൽ വിശ്വസിക്കും വിവിധ സംഘങ്ങളിൽ നിന്ന് അതിൽ അവിശ്വസിക്കുന്നവരാരോ അവരുടെ വാഗ്ദത്ത സ്ഥാനം നരകമാകുന്നു ആകയാൽ നീ അതിനെപ്പറ്റി സംശയത്തിലാവരുത് തീർച്ചയായും അത് നിൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു പക്ഷേ ജനങ്ങളിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമിയായി ആരുണ്ട് അവർ അവരുടെ രക്ഷിതാവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ് സാക്ഷികൾ പറയും ഇവരാകുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ പേരിൽ കള്ളം പറഞ്ഞവർ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ ശാപം ആ അക്രമികളുടെ മേലുണ്ടായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അതിന് വക്രത വരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരത്രേ അവർ അവരാകട്ടെ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുമാണ് അക്കൂട്ടർ ഭൂമിയിൽ അള്ളാഹുവെ തോൽപ്പിക്കാൻ കഴിയുന്നവരായിട്ടില്ല അള്ളാഹുവിനു പുറമെ അവർക്ക് രക്ഷാധികാരികൾ ആരും ഉണ്ടായിട്ടുമില്ല അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ് അവർ കേൾക്കാൻ കഴിയുന്നവരായില്ല അവർ കണ്ടറിയുന്നവരുമായില്ലാ അത്തരക്കാരാകുന്നു ആത്മനഷ്ടം പറ്റിയവർ അവർ കെട്ടിച്ചമച്ചിരുന്നതെല്ലാം അവരെ വിട്ടുമാറിക്കളയുകയും ചെയ്തു അവർ തന്നെയാണ് പരലോകത്തിൽ ഏറ്റവും നഷ്ടം പറ്റിയവർ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് വിനയപൂർവ്വം മടങ്ങുകയും ചെയ്തവരാരോ അവരാകുന്നു സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും ീ രണ്ട് വിഭാഗങ്ങളുടെയും ഉപമ അന്ധനും ബദിരനുമായിട്ടുള്ള ഒരാളെപ്പോലെയും കാഴ്ചയും കേൾവിയുമുള്ള മറ്റൊരാളെപ്പോലെയുമാകുന്നു ഇവർ ഇരുവരും ഉപമയിൽ തുല്യരാകുമോ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ നോഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം നിയോഗിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ താക്കീത് നൽകുന്നവനാകുന്നു എന്തെന്നാൽ അള്ളാഹുവേയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് വേദനയേറിയ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രമാണിമാർ പറഞ്ഞു ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യനായിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരന്മാരായിട്ടുള്ളവർ പ്രഥമ വീക്ഷണത്തിൽ അഥവാ ശരിയായി ചിന്തിക്കാതെ നിന്നെ പിന്തുടർന്നതായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ യാതൊരു ശ്രേഷ്ഠതയും ഞങ്ങൾ കാണുന്നുമില്ല പ്രത്യുത നിങ്ങൾ വ്യാജവാദികളാണെന്ന് ഞങ്ങൾ കരുതുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് തന്നിരിക്കുകയും നിങ്ങൾക്ക് അത് കണ്ടറിയാനാവാത്ത വിധം അന്ധത വരുത്തപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ എന്തു ചെയ്യും നിങ്ങൾ അത് ഇഷ്ടപ്പെടാത്തവരായിരിക്കെ നിങ്ങളുടെ മേൽ നാം അതിന് നിർബന്ധം ചെലുത്തുകയോ ويا قومي لا اسالكم عليه ما لا ان اجري انا على الله وما انا بطارد الذين امنوا انهم ملاقو ربهم ولكني اراكم قوما تجهلون எந்த <تصفيق> ஜனங்களே இதின்பேரில்ங்களோடு நான் தனம் சோதிக்கவில்லை எனக்குள்ள பிரதிபலன் அல்லாஹ் தரண்டது மாத்திரம் ஆகும் വിശ്വസിച്ചവരെ ഞാൻ ആട്ടിയോടിക്കുന്നതല്ല തീർച്ചയായും അവർ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ് എന്നാൽ ഞാൻ നിങ്ങളെ കാണുന്നത് വിവരമില്ലാത്ത ഒരു ജനവിഭാഗമായിട്ടാണ് എന്റെ ജനങ്ങളെ ഞാൻ അവരെ ആട്ടിയോടിക്കുന്ന പക്ഷം اللهوവിന്റെ শিক্ষাയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ആരാണ് ഉള്ളത് നിങ്ങൾ ఆలోചിച്ച് നോക്കുന്നില്ല ولا اقول لكم عندي خزائن الله ولا اعلم الغيب ولا اقول اني ملك ولا اقول للذين تزدرى اعينكم لن ياتيهم الله خيرا الله اعلم بما في انفسهم اني اذا لمن الظالمين അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല ഞാൻ അദൃശ്യകാര്യം അറിയുകയുമില്ല നിങ്ങളുടെ കണ്ണുകൾ നിസ്സാരമായി കാണുന്നവരെ പറ്റി അവർക്ക് അള്ളാഹു യാതൊരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുകയില്ല അള്ളാഹുവാണ് അവരുടെ മനസ്സുകളിലുള്ളതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവൻ അപ്പോൾ അവരെ ദുഷിച്ച് പറയുന്ന തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കും അവർ പറഞ്ഞു നോഹെ നീ ഞങ്ങളോട് തർക്കിച്ചു വളരെയേറെ തർക്കിച്ചു എന്നാൽ നീ സത്യവാൻമാരുടെ കൂട്ടത്തിലാണെങ്കിൽ നീ ഞങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ ഞങ്ങൾക്ക് നീ ഇങ്ങ് കൊണ്ടുവരൂ അദ്ദേഹം പറഞ്ഞു അള്ളാഹു മാത്രമാണ് നിങ്ങൾക്കത് കൊണ്ടുവരുക അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് അവനെ തോൽപ്പിച്ചു കളയാനാവില്ല ും അള്ളാഹു നിങ്ങളെ വഴിതെറ്റിച്ചു വിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഉദ്ദേശിച്ചാലും എന്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അതല്ല അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് പറയുക ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ കുറ്റം ചെയ്യുന്നതിൻ്റെ ദോഷം എനിക്കുതന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിരപരാധിയുമാണ് നിന്റെ ജനതയിൽ നിന്ന് വിശ്വസിച്ചു കഴിഞ്ഞിട്ടുള്ളവരല്ലാതെ ഇനി ആരും വിശ്വസിക്കുകയേ ഇല്ല അതിനാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നീ സങ്കടപ്പെടരുത് എന്ന് നോഹിന് സന്ദേശം നൽകപ്പെട്ടു നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നീ കപ്പൽ നിർമ്മിക്കുക അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത് തീർച്ചയായും അവർ മുക്കിനശിപ്പിക്കപ്പെടാൻ പോകുകയാണ് അദ്ദേഹം കപ്പൽ നിർമിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി കടന്നു പോയപ്പോഴെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്ന തീർച്ചയായും നിങ്ങൾ പരിഹസിക്കുന്നത് തന്നെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ് അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുന്നതെന്നും സ്ഥിരമായ ശിക്ഷ ആരുടെ മേലാണ് വന്നു ഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് വഴിയേ അറിയാം അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ നാം പറഞ്ഞു എല്ലാ വർഗത്തിൽ നിന്നും രണ്ട് ഇണകള വീതവും നിന്റെ കുടുംബാംഗങ്ങളെയും അതിൽ കയറ്റിക്കൊള്ളുക അവരുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെതിരിൽ ശിക്ഷയുടെ വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ വിശ്വസിച്ചവരെയും കയറ്റിക്കൊള്ളുക അദ്ദേഹത്തോടൊപ്പം കുറച്ചുപേരല്ലാതെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങളതിൽ കയറിക്കൊള്ളുക അതിൻ്റെ ഓട്ടവും നൃത്തവും അള്ളാഹുവിൻ്റെ പേരിലാകുന്നു തീർച്ചയായും എന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് പർവത തുല്യമായ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നോഹ് തന്റെ മകനെ വിളിച്ചു അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു എന്റെ കുഞ്ഞുമകനെ നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക നീ സത്യനിഷേധികളുടെ കൂടെ ആയിപ്പോകരുത് അവൻ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല അവൻ കരുണ ചെയ്തവർക്കൊഴികെ അപ്പോഴേക്കും അവർ രണ്ടുപേർക്കുമിടയിൽ തിരമാല മറയിട്ടു അങ്ങനെ അവൻ മുക്കിനശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി ഭൂമി നിന്റെ വെള്ളം നീ വിഴുങ്ങൂ ആകാശമേ മഴ നീർത്തു എന്ന് കൽപ്പന നൽകപ്പെട്ടു വെള്ളം വറ്റുകയും ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു കപ്പൽ ജൂതി പർവ്വതത്തിനു മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അക്രമികളായ ജനതയ്ക്ക് നാശം എന്ന് പറയപ്പെടുകയും ചെയ്തു നോഹൽ തൻറെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ രക്ഷിതാവേ എൻറെ മകൻ എന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവൻ തന്നെയാണല്ലോ തീർച്ചയായും നിന്റെ വാഗ്ദാനം സത്യമാണുതാനും നീ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവുമാണ് അള്ളാഹു പറഞ്ഞു തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല തീർച്ചയായും അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ് അതിനാൽ നിനക്ക് അറിവില്ലാത്ത കാര്യം എന്നോട് ആവശ്യപ്പെടരുത് നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിലായി പോകരുതെന്ന് ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ് നോഹ പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹത്തോട് പറയപ്പെട്ടു നോഹെ നമ്മുടെ പക്കൽ നിനക്കും നിന്റെ കൂടെയുള്ളവരിൽ നിന്നുള്ള സമൂഹങ്ങൾക്കും അനുഗ്രഹങ്ങളോടുകൂടിയും എന്നാൽ വേറെ ചില സമൂഹങ്ങളുണ്ട് അവർക്ക് നാം സൗഖ്യം നൽകുന്നതാണ് പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷയും അവർക്ക് ബാധിക്കുന്നതാണ് നബിയെ അവയൊക്കെ അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാകുന്നു നിനക്ക് നാം അത് സന്ദേശമായി നൽകുന്നു നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കുക തീർച്ചയായും അനന്തരഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും ആദ്യ ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം നിയോഗിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു എന്റെ ജനങ്ങളെ ഞാൻ നിങ്ങളോട് ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല എനിക്കുള്ള പ്രതിഫലം എന്നെ സൃഷ്ടിച്ചവൻ തരേണ്ടത് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ ുംലച്ചി എന്റെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക എന്നിട്ട് അവങ്കിലേക്ക് ഖേദിച്ചുമടങ്ങുകയും ചെയ്യുക എങ്കിൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ അയച്ചു തരികയും നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്തു തരികയും ചെയ്യുന്നതാണ് നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകരുത് പറഞ്ഞു ഹൂദെ ൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല നീ പറഞ്ഞതിനാൽ മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളയുന്നതല്ല ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നതുമല്ലോ ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരാൾ നിനക്ക് എന്തോ ദോഷബാധ ഉളവാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൂത് പറഞ്ഞു നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്ക് ബന്ധമില്ല എന്നതിന് ഞാൻ അള്ളാഹുവെ സാക്ഷി നിർത്തുന്നു നിങ്ങളും അതിന് സാക്ഷികളായിരിക്കുക അള്ളാഹുവിനു പുറമെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരിൽ തന്ത്രം കൊള്ളുക എന്നിട്ട് നിങ്ങൾ എനിക്ക് ഇടതരികയും വേണ്ടി എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു യാതൊരു ജന്തുവും അവൻ അതിൻറെ നെറുകയിൽ പിടിച്ച് നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെയില്ല തീർച്ചയായും എന്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു ഇനി നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടത് ഏതൊരു കാര്യവുമായിട്ടാണോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങളല്ലാത്ത ഒരു ജനതയെ എന്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതുമാണ് അവൻ്റെ യാതൊരു ഉപദ്രവവും വരുത്താൻ നിങ്ങൾക്കാവില്ല തീർച്ചയായും എന്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിച്ചു പോരുന്നവനാകുന്നു നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഹൂതിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി അതാണ് ജനത തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും അവന്റെ ദൂതന്മാരെ അവർ ധിക്കരിക്കുകയും മർക്കടമുഷ്ടിക്കാരായ എല്ലാ സ്വേച്ഛാധിപതികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു ഈ ഐഹിക ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു ശ്രദ്ധിക്കുക തീർച്ചയായും ആത് ജനത തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദികേട് കാണിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക ഭൂതിൻ്റെ ജനതയായ ആദിന് നാശ സമൂത് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലഹിനെയും നാം നിയോഗിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങളെ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അടുത്തു തന്നെയുള്ളവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നുരീബ് അവർ പറഞ്ഞു സ്വാലിഹെ ഇതിനു മുമ്പ് നീ ഞങ്ങൾക്കിടയിൽ അഭിലഷണീയനായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണോ നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ അവിശ്വാസജനകമായ സംശയത്തിലാണ് അദ്ദേഹം പറഞ്ഞു എൻറെ ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണെങ്കിൽ അള്ളാഹുവോട് ഞാൻ അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് എന്നെ സഹായിക്കുവാൻ ആരുണ്ട് കാര്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തിവെക്കുക മാത്രമേ ചെയ്യൂ എന്റെ ജനങ്ങളെ ഇതാ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് അള്ളാഹുവിന്റെ ഒട്ടകം അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്ന് തിന്നുവാൻ നിങ്ങൾ അതിനെ വിട്ടേക്കുക നിങ്ങൾ അതിന് ഒരു ദോഷവും വരുത്തിവെക്കരുത് അങ്ങനെ ചെയ്യുന്ന അടുത്തുതന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് എന്നിട്ട് അവരതിനെ വെട്ടിക്കൊന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മൂന്നു ദിവസം നിങ്ങളുടെ വീടുകളിൽ സൗഖ്യമനുഭവിച്ചു കൊള്ളുക അതോടെ ശിക്ഷ വന്നെത്തും തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണിത് അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും അവരെ നാം മോചിപ്പിച്ചു തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തനും പ്രതാപവാനും അക്രമം പ്രവർത്തിച്ചവരെ ഘോരശബ്ദം പിടികൂടി അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ അവരുടെ വീടുകളിൽ കമിഴ്ന്ന് വീണ അവസ്ഥയിലായിരുന്നു അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കുക തീർച്ചയായും സമൂത് ജനത തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദികേട് കാണിച്ചു ശ്രദ്ധിക്കുക സമൂത് ജനതയ്ക്ക് നാശം നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിമിന്റെ അടുത്ത് സന്തോഷ വാർത്തയും കൊണ്ടുവരികയുണ്ടായി അവർ പറഞ്ഞു സലാം അദ്ദേഹം പ്രതിവചിച്ചു സലാം വൈകിയില്ല അദ്ദേഹം ഒരു പൊരിച്ച മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ പന്തികേട് തോന്നുകയും അവരെപ്പറ്റി ഭയം അനുഭവപ്പെടുകയും ചെയ്തു അവർ പറഞ്ഞു ഭയപ്പെടേണ്ട ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് تبشرناها بإسحاق ومن ورائي إسحاق يعقوب إبراهيم انده باريا اويدا نلقن نواند آئرون اول چيرتشو اول اولك إسحاقنا پتیم إسحاق <تصفيق> انده بنال يعقوبنا پتیم نام سندوش وارتاريشو അവൾ പറഞ്ഞു കഷ്ടം ഞാനൊരു കിഴവിയായിട്ടും പ്രസവിക്കുകയോ എന്റെ ഭർത്താവ് ഇതാ ഒരു വൃദ്ധൻ തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ ും ആ ദൂതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുകയോ ഹേ വീട്ടുകാരെ നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനും ആകുന്നു അങ്ങനെ ഇബ്രാഹീമിൽ നിന്ന് ഭയം വിട്ടുമാറുകയും അദ്ദേഹത്തിന് സന്തോഷവാർത്ത വന്നുകിട്ടുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ ലോത്തിന്റെ ജനതയുടെ കാര്യത്തിൽ ോട് തർക്കുന്നു തീർച്ചയായും ഇബ്രാഹിം സഹനശീലനും ഏറെ അനുകമ്പയുള്ളവനും പശ്ചാത്താപമുള്ളവനും തന്നെയാണ് ഇബ്രാഹീമേ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുക തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ കൽപ്പന വന്നുകഴിഞ്ഞു തീർച്ചയായും അവർക്ക് റദ്ദാക്കപ്പെടാത്ത ശിക്ഷ വരുകയാകുന്നു നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ ലൂത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നുകയും അവരെപ്പറ്റി ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടാവുകയും ചെയ്തു ഇതൊരു വിഷമകരമായ ദിവസം തന്നെ എന്ന് ادهم parlerayum jeed waja'ahu qawmuhu yur'un ilayhi wa min qabli kanu ya'malun as-sayiat qala ya qawmi ha'ulai'a banatuhunna utahharu lakum fattaqu allaha wa la tukhzunu fi dayfi alaysa minkum rajulur rashid ലൂത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ ഇതാ എൻ്റെ പെൺമക്കൾ അവരാണ് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയുള്ളവർ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ അപമാനിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരു പുരുഷനുമില്ലേം ചമീനാ അവർ പറഞ്ഞു നിന്റെ പെൺമക്കളെ ഞങ്ങൾക്കാവശ്യമില്ലെന്ന് നിനക്കറിവുണ്ടല്ലോ തീർച്ചയായും നിനക്കറിയാം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ും അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ തടയുവാൻ ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ قالوا يا لوط ان رسل ربك لن يصلوا اليك فاسر باهلك بقطع من الليل ولا يلتفت منكم احد الا امراتك انه مصيبها ما اصابهم ان موعدهم الصبح اليس الصبح بقريب اور قرن لوط തീർച്ചയായും ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ് ആ ജനങ്ങൾക്ക് നിൻ്റെ അടുത്തേക്ക് എത്താനാവില്ല ആകയാൽ നീ രാത്രിയിൽ നിന്നുള്ള ഒരു യാമത്തിൽ നിൻ്റെ കുടുംബത്തെയും കൊണ്ട് യാത്ര പുറപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കരുത് നിൻ്റെ ഭാര്യയൊഴികെ തീർച്ചയായും ആ ജനങ്ങൾക്ക് ഒന്നുഭവിച്ച ശിക്ഷ അവൾക്കും വന്നു ഭവിക്കുന്നതാണ് തീർച്ചയായും അവർക്ക് നിശ്ചയിച്ച അവധി പ്രഭാതമാകുന്നു പ്രഭാതം അടുത്തു തന്നെയല്ലേ അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കേൾമേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടിക കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ അത് ഈ അക്രമികളിൽ നിന്ന് അകലയല്ലോ മതിയൻകാരിലേക്ക് അവരുടെ സഹോദരനായ ഷായിബിനെയും നാം നിയോഗിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത് തീർച്ചയായും നിങ്ങളെ ഞാൻ കാണുന്നത് ക്ഷേമത്തിലായിട്ടാണ് നിങ്ങളെ ആകെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു എന്റെ ജനങ്ങളെ നിങ്ങൾ അളവും തൂക്കവും നീതിപൂർവം പൂർണ്ണമാക്കി കൊടുക്കുക ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്താതിരിക്കുകയും ചെയ്യുക നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ും അള്ളാഹു ബാക്കിയാക്കിത്തരുന്നതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരനൊന്നുമല്ല قَالُوا يَا شُعَيْبُ أَصَلَاتُكَ تَأْمُرُكَ أَنَّ تُرُكَ مَا يَعْبُدُ آبَاؤُنَا أَوْ أَن نَفْعَلُ أَوْ أَن نَفْعَلَ فِي أَمْوَالِنَا مَا نَشَاءَ إِنَّكَ لَأَنْتَ الْحَلِيمُ الرَّشِيدَ أَوَرْ پَرَنْيُمْ شُعَيْبَ نَنْغَلُ وُدَ بِدَاكَنْمَارْ آرَادِيچُّ وَرُونَّ دِينَ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം പ്രവർത്തിക്കാൻ പാടില്ലെന്നോ നിനക്ക് കൽപ്പന നൽകുന്നത് നിന്റെ ഈ നമസ്കാരമാണോ തീർച്ചയായും നീ സഹനശീലനും വിവേകശാലിയുമാണല്ലോ ുംവ ഇലി അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്കവൻ്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ എനിക്കെങ്ങനെ സത്യം മറച്ചുവെക്കാൻ കഴിയും നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു മുഖേന മാത്രമാണ് എനിക്കതിന് അനുഗ്രഹം ലഭിക്കുന്നത് അവന്റെ മേലാണ് ഞാൻ ഫരമേൽപ്പിച്ചിരിക്കുന്നത് അവനിലേക്ക് ഞാൻ താഴ്മയോട് മടങ്ങുകയും ചെയ്യുന്നു എന്റെ ജനങ്ങളെ നോഹിന്റെ ജനതക്കോ ഹൂതിന്റെ ജനതക്കോ സ്വാലിന്റെ ജനതക്കോ ബാധിച്ചതുപോലുള്ള ശിക്ഷ നിങ്ങൾക്കും ബാധിക്കുവാൻ എന്നോടുള്ള മാത്സര്യം നിങ്ങൾക്ക് ഇടവരുത്താതിരിക്കട്ടെ ലൂത്തിന്റെ ജനത നിങ്ങളിൽ നിന്ന് അകലയല്ലതാനോ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചുമടങ്ങുകയും ചെയ്യുക തീർച്ചയായും എന്റെ രക്ഷിതാവ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനുമത്രീന അവർ പറഞ്ഞുബെ നീ പറയുന്നതിൽ നിന്ന് അധിക ഭാഗവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായും ഞങ്ങളിൽ ബലഹീനനായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത് നിന്റെ കുടുംബങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീയൊരു പ്രതാപവാനൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ എൻറെ കുടുംബങ്ങളാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവേക്കാൾ കൂടുതൽ പ്രതാപമുള്ളവർ എന്നിട്ട് അവനെ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് പുറം തള്ളിക്കളഞ്ഞിരിക്കുകയാണോ തീർച്ചയായും എന്റെ രക്ഷിതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്റെ ജനങ്ങളെ നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് അപമാനകരമായ ശിക്ഷ വരുന്നതെന്നും ആരാണ് കള്ളം പറയുന്നവരെന്നും പുറകെ നിങ്ങൾക്കറിയാം നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുകയാണ് നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഷായിബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി അക്രമം ചെയ്തവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു വീണുകടക്കുകയായിരുന്നു അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ സ്ഥലം ശൂന്യമായി ശ്രദ്ധിക്കുക സമൂത് നശിച്ചതുപോലെ തന്നെ മതിയനിന്നും നാശം നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി മൂസായെ നാം നിയോഗിക്കുകയുണ്ടായി ഫിർ അവന്റെയും അവന്റെ പ്രമാണികളുടെയും അടുത്തേക്ക് എന്നിട്ട് ആ പ്രമാണിമാർ ഫിർ അവന്റെ കൽപ്പന പിൻപറ്റുകയാണ് ചെയ്തത് ഫിർ കൽപ്പനയാകട്ടെ വിവേകപൂർണമല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഫിർആങ് തൻ്റെ ജനതയുടെ മുമ്പിൽ ഉണ്ടായിരിക്കും എന്നിട്ട് അവർ അവൻ നരകത്തിലേക്കാനയിക്കും അവർ ആനയിക്കപ്പെടുന്ന ആ സ്ഥാനം എത്ര ചീത്ത ഈ ലോകത്തും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് നൽകപ്പെട്ട ആ സമ്മാനം എത്ര ചീത്ത വിവിധ രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽ ചിലതത്ര അത് നാം അത് നിനക്ക് വിവരിച്ചു തരുന്നു ആ രാജ്യങ്ങളിൽ ചിലത് നിലനിൽക്കുന്നുണ്ട് ചിലത് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല പക്ഷേ അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയാണുണ്ടായത് എന്നാൽ നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്ന സമയത്ത് അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ദൈവങ്ങൾ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല ആ ദൈവങ്ങൾ അവർക്ക് നാശം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് إن أخله ألم شديد فيவித <تصفيق> രാജ്യകാർ അക്രമികളായിരിക്കെ അവരെ പിടികൂടി ശിക്ഷിക്കുമ്പോൾ നിന്റെ രക്ഷിതാവിന്റെ പിടുതം അപ്രകാരമാകുന്ന തീർച്ചയായും അവന്റെ പിടുതം വേദനയേറിയതും കഠിനമായതുമാണ് إن في ذلك لآية لمن خاف على الآخرة പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് സർവമനുഷ്യരും സമ്മേളിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണത് സർവരുടെയും സാന്നിധ്യമുണ്ടാകുന്ന ഒരു ദിവസമാകുന്നു അത് നിർണിതമായ ഒരു അവധി വരെ മാത്രമാണ് നാം അത് നീട്ടിവെക്കുന്നത് ആ അവധി വന്നെത്തുന്ന ദിവസം യാതൊരാളും അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിർഭാഗ്യവാനും സൗഭാഗ്യവാനും ഉണ്ടാകും എന്നാൽ നിർഭാഗ്യമടഞ്ഞവരാകട്ടെ അവർ നരകത്തിലായിരിക്കും അവർക്കവിടെ നെടുവീർപ്പും തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടായിരിക്കുക ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നേടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും നിന്റെ രക്ഷിതാവ് ിക്കുന്നത് തികച്ചും നടപ്പിലാക്കുന്നവനാകുന്നു എന്നാൽ സൗഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ അവർ സ്വർഗത്തിലായിരിക്കും ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ നിലച്ചു പോകാത്ത ഒരു ദാനമായിരിക്കും അത് ൂ അപ്പോൾ ഇക്കൂട്ടർ ആരാധിച്ചു വരുന്നതിനെ സംബന്ധിച്ച് നീ യാതൊരു സംശയത്തിലും അകപ്പെടരുത് മുമ്പ് ഇവരുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന അതേ രീതിയിൽ ആരാധന നടത്തുക മാത്രമാണിവർ ചെയ്യുന്നത് തീർച്ചയായും അവർക്കുള്ള ഓഹരി കുറവൊന്നും വരുത്താതെ നാം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ് ولولا كلمه سبقت من ربك لقضي بينهم وانهم في شك منهم مريب موساك نام வேத ग्रंथം നലക്കുക ഉണ്ടായി എന്നിട്ട് അതിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി നിന്റെ രക്ഷിതാവെങ്കിൽ നിന്നെ ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ വിധി നടത്തപ്പെടുമായിരുന്നു തീർച്ചയായും അവർ ഇതിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു തീർച്ചയായും അവരിൽ ഓരോ വിഭാഗത്തിനും നിന്റെ രക്ഷിതാവ് അവരവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർണമായി നൽകുക തന്നെ ചെയ്യും തീർച്ചയായും അവൻ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ആകയാൽ നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്നോടൊപ്പം അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയവരും നേരായ മാർഗത്തിൽ നിലകൊള്ളുക നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത് തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് ും അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത് എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ് അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളേയില്ല പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യയാമങ്ങളിലും നീ നമസ്കാരം മുറപോലെ നിർവഹിക്കുക തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ് ചിന്തിച്ചു ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണത് നീ ക്ഷമിക്കുക സുഖൃതവാന്മാരുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ച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 ാശമുണ്ടാക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന നന്മയുടെ പാരമ്പര്യമുള്ള ഒരു വിഭാഗം നിങ്ങൾക്കു മുമ്പുള്ള തലമുറകളിൽ നിന്ന് എന്തുകൊണ്ട് ഉണ്ടായില്ല അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയെടുത്ത കൂട്ടത്തിൽപ്പെട്ട ചുരുക്കം ചിലരൊഴിക എന്നാൽ അക്രമകാരികൾ തങ്ങൾക്ക് നൽകപ്പെട്ട സുഖാടംബരങ്ങളുടെ പിന്നാലെ പോകുകയാണ് ചെയ്തത് അവർ കുറ്റവാളികളായിരിക്കുന്നു وَمَا كَانَ رَبُّكَ لِيُحْلِكَ وَأَهْلُهَا مُصْلِحُونَ നാട്ടുകാർ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവ് അന്യായമായി രാജ്യങ്ങൾ നശിപ്പിക്കുന്നതല്ല ولا يزالون مختلفين الا من رحم ربك ولذلك خلقهم وتمت كلمه ربك لاملا ان جاءن من الجنه والناس اجمعين ننده رشيدا उद्देशിച്ചിരുന്നെങ്കിലും मनुष्यरे അവൻ ഒരുତ സമുദായമാക്കുമായിരുന്നു എന്നാൽ അവർ ിന്നിച്ചുകൊണ്ടേ നിന്റെ രക്ഷിതാവ് കരുണ ചെയ്തവരൊഴികെ അതിനുവേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചത് ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ട് വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് നിന്റെ രക്ഷിതാവിൻ്റെ വചനം നിറവേറിയിരിക്കുന്നു ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിന്റെ മനസ്സിന് സ്ഥൈര്യം നൽകുന്നതെല്ലാം നിനക്ക് നാം വിവരിച്ചു തരുന്നു ഇതിലൂടെ യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് വേണ്ട സതുപദേശവും ഉത്ബോധനവും നിനക്ക് വന്നുകിട്ടിയിരിക്കുകയാണ് വിശ്വസിക്കാത്തവരോട് നീ പറയുക നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും ഞങ്ങളും കാത്തിരിക്കുകയാണ് ചെന്നൂ ആകാശഭൂമികളിലെ അദൃശ്യ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിനുള്ളതാണ് അവങ്കലേക്ക് തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യും ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവൻ്റെ മേൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും നിൻ്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല